ദൈവനാമത്തിന് ദൈവനാമത്തിന് മഹത്വം രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പേപ്പറൂടെ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അനുവദിച്ച് നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ഭജനകൾ വി ആ വാക്യത്തെ നമ്മളിന്ന് ഒന്ന് കുറയുന്ന ഒന്ന് കുറയുന്ന അധ്യായത്തിൽ നിന്നും ആ വാഗ്ദത്വം അതിൻ്റെ ശരിയായ അർത്ഥത്തിലല്ല ഞാൻ മനസ്സിലാക്കിയിരുന്നത് എന്ന് കഥാവിന് ഇന്നെ തിരുത്തിയ ഒരു ദിവസമാണ് തീർച്ചയായിട്ടും ഒരു വാഗ്ദത്വം എന്ന് പറയുന്നത് അതൊരു പുരോഗതിയുടെ അല്ലെങ്കിൽ ഒരു വർധനമിൻ്റെ അല്ലെങ്കിൽ മുമ്പിലേക്കുള്ള ഒരു പ്രയാണത്തിന് നമുക്ക് കൂടുതൽ ഒരു വിജയം തരുന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ വാഗ്ദത്തം അത് താഴേക്ക് പോകുന്ന ഒരു കാര്യമായിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ അനുഭവപ്പെടുക പക്ഷെ പലപ്പോഴും ഈ ഒരു വാഗ്ദത്വം നമുക്കറിയാം ഇത് ഒരു ഉറപ്പ് നമുക്കുണ്ട് ഇത് പക്ഷേ ഈ ഉറപ്പിനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഈ റബ്ബറിനും നെല്ലിനുമൊക്കെ മിനിമം സപ്പോർട്ട് പ്രൈസുണ്ട് ഒരടിസ്ഥാന വില എന്ന് പറഞ്ഞ പോലെ നീ എത്ര മുങ്ങിപ്പോയാലും ഞാനൊരു പിടിവള്ളി സമയത്തായിട്ട് തരും അതേ പിടിച്ചും കയറിപ്പോരേ അതായത് നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയില്ല അല്ലെങ്കിൽ നശിച്ചു പോവുകയില്ല അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കും തക്ക സമയത്തിൽ പോക്കു വഴി പരീക്ഷയോടു കൂടെ ദൈവം ഒരുക്കും എന്നുള്ളൊരർത്ഥത്തിൽ ഇഥാർത്ഥമായൊരു വാഗ്ദത്വം വിജയത്തിലേക്കുള്ള ഒരു വിളിയാണ് ഒരു പരീക്ഷ എൻ്റെ മുമ്പിൽ വരുമ്പോൾ എന്ന് പലപ്പോഴും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതെത്ര ഉദാത്തമായ ഇന്ന് ഇതൊരു വാഗ്ദത്വം എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ജീവിതത്തിൽ സന്തോഷമില്ലാത്ത പല അവസ്ഥകളും നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയും നമ്മളെന്തുകൊണ്ടാണ് മടുത്തു പോകുന്നത് നിരന്തരമായ പരീക്ഷകൾ ശോധനകൾ നമ്മളെ നമ്മളെ അലട്ടുമ്പോൾ ഇതെല്ലാം ദൈവം എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം ഒരുക്കുന്നൊരു സാഹചര്യമെന്ന് കാണുന്നതിന് പകരം ആ ഇതിനൊക്കെ ഒരു അവസാനമുണ്ടാവും അതുവരെ സഹിച്ചു നിൽക്കുക എപ്പോഴും തക്ക സമയത്ത് ദൈവം ഇടപെടും എന്നുള്ള ഒരു ധനാത്മകമല്ലാത്ത ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് കഥാവിനോട് സംസാരിച്ചത് അതാണ് ഇപ്പോഴൊരു ആത്മീയ ജീവിതത്തിൽ ഈ ഒരു വിജയം പരീക്ഷകൾക്ക് മുമ്പിൽ അതിൽ അവസരമാണ് ദൈവം ആത്മീയമായിട്ട് ഒരു പടികൂടി മുമ്പോട്ട് പോകാൻ ദൈവമൊരുക്കിയ ഇന്ന് നമ്മൾ കേട്ടതുപോലെ ദൈവം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് എന്ന് നാം കണ്ടറിഞ്ഞില്ലെങ്കിൽ നാം ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷമില്ലാതെ എപ്പോഴും ഒരു ദുഃഖഭാവത്തിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ ഒരപകടം നമ്മുടെ ജീവിതത്തിലുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് എനിക്ക് കൂടുതൽ മനസ്സിലായി അതേ സംബന്ധിച്ച് പെട്ടെന്ന് ഹൃദയത്തിലേക്ക് വന്ന ചിന്ത ഇതാണ് ഇപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ ജോസഫിൻ്റെ ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് കാനാൻ ദേശത്തും ക്ഷാമം ഉണ്ടായിരുന്നുവല്ലോ ഒരു സ്റ്റേറ്റ്മെൻ്റാണത് അങ്ങനെ ധാന്യം കൊള്ളാൻ പോകുന്ന വന്നവരുടെ ഇടയിൽ പുത്രന്മാരും യാക്കോബിൻ്റെ പുത്രന്മാരെല്ലാം ഉണ്ടായിരുന്നു എല്ലാവരുമല്ല ബെന്യാമിൻ ഒഴിച്ചുള്ള ബാക്കിയുള്ളവരെ പറ്റി പോകുമ്പോൾ അതേ തുടർന്ന് സ്റ്റേറ്റ്മെൻറ് പോലാണ് കാനാൻ ദേശത്തും ക്ഷാമം ഉണ്ടായിരുന്നുവല്ലോ ഇപ്പം ഇവിടെ ഒരു കാനാൻ ദേശം ഏതാണ് പാലും തേനും ഒഴുകും എന്ന ദേശം നിനക്ക് തരുമെന്ന് അബ്രഹാമിനെ അനുസരിച്ച് അനുഗ്രഹിച്ച് ദൈവം കൊടുത്തൊരു പ്രദേശത്ത് എങ്ങനെയാ ക്ഷാമം വരിക ഇപ്പോഴൊരു സ്റ്റേറ്റ്മെൻ്റാണ് അവിടെ വളരെ പ്ലെയിൻ ആയൊരു സീമെൻറ് കാനാൻ ദേശത്തും ക്ഷാമം ഉണ്ടാകും അപ്പോൾ ദൈവം തൻ്റെ ഭക്തത്വത്തിൽ വിശ്വസ്തനല്ലയോ പിന്നെ എങ്ങനെ ഈ കാനാൻ ദേശം ഈജിപ്ത് മുഴുവൻ സമ്പ സമ്പന്നതയിലേക്ക് പോയപ്പോൾ ലോകം മുഴുവൻ ബാധിച്ച ഒരു ക്ഷാമത്തിൽ ഈ കാനാന് ദേശവും പെട്ടുപോയത് എപ്ര നമ്മുടെ ആത്മീയ ജീവിതവും എങ്ങനെയാണ് നമ്മളൊരു വിശ്വാസ ജീവിതത്തിലേക്ക് വന്നാൽ അവിടെ എല്ലാ കാര്യങ്ങളും പിന്നെ സമൃദ്ധിയായിരിക്കും ദൈവത്തിൻ്റെ മുഴുവൻ വാഗ്ദത്വങ്ങളും നമുക്കുള്ളപ്പോൾ തന്നെ ഈ കാനാന് ദേശത്തും ഈ ആത്മീയ ജീവിതത്തിലും എനിക്കൊരു ക്ഷാമം എന്ന് നാം അറിയണം അതെന്തിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് ദാവീത് എത്ര മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ശോധന ചോദിച്ചു വാങ്ങിയ ഒരുവനെ ബൈബിളിൽ ഞാൻ കാണുന്നത് ദാവീദില അല്ലേ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തൊമ്പ സങ്കീർത്തനം എങ്ങനെയാണ് പറയുന്നത് കത്താവേ എന്നെ ശോധന ചെയ്ത് തന്നെ അറിയണേ ഞാനാണെ ഞാനത് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് ഞാനാണെങ്കിൽ പറയും കത്താവേ മറിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പാപങ്ങൾ അല്ലെ എനിക്ക് വെളിച്ചം കിട്ടാത്ത ഏതെങ്കിലും കാര്യങ്ങളൊന്ന് കാണിച്ചു തരണേ എളുപ്പമുണ്ട് കത്താവ് കൃത്യ ആ കാര്യം കാണിച്ചു തരും നമ്മളതിനായിട്ട് മനസാന്തരപ്പെടും എളുപ്പമാണ് പക്ഷേ എന്നെ ശോധനം ചെയ്ത് എന്നെ അറിയണമേ നമുക്ക് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ആ ബന്ധത്തിൽ ഞാൻ ആകേണ്ടത് നിലനിൽക്കേണ്ടതിനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും തടസ്സമായി നിൽക്കുന്നില്ല എന്ന് കഥാവെ നീ ഉറപ്പു വരുത്തിക്കൊള്ളണമേ അതിനായിട്ട് എന്നെ ചെയ്യണം എന്നെ ശോധനയിലേക്ക് അയക്കണേ അപ്പോൾ നമുക്ക് ഇതെല്ലാം കത്താവ് നമ്മൾ റോമാലേഖനം വീട്ടിൻ്റെ വീട്ടിൻ്റെ ഇരുപത്തി എട്ടിൽ നിന്ന് പല പ്രാവശ്യത്തിന് നമ്മൾ ആവർത്തിച്ച് കേട്ട് അവിടെയും അവിടെ തുടർന്ന് ചില വാക്യങ്ങൾ കഴിയുമ്പോൾ അവിടെ പറയുന്ന ഇതെല്ലാം കത്താവിൻ്റെ സ്നേഹം മുഖാന്തരം നാം എല്ലാത്തിനും പൂർണ്ണ വിജയം നേടും എന്നാണ് നാം വായിക്കുന്നത് നമുക്കപ്പം നമ്മൾ കാനാന് ദേശത്തെ ക്ഷാമത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു നമ്മളാ ആ ചാപ്റ്ററിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം അവിടെ രണ്ട് ഉദ്ദേശങ്ങളുണ്ട് ഒന്നെന്താണ് വിഭജിച്ചിരിക്കുന്ന കുടുംബത്തെ തൻ്റെ ആ നമുക്ക് യാക്കോബിൻ്റെ മക്കളെല്ലാം അസൂയയും നമുക്ക് ഒരു അനിയനെ വിറ്റുകളയുന്ന അവസ്ഥ അവസ്ഥയിലേക്ക് അത് മാത്രം കർത്താവിൽ നിന്ന് അകന്നു പോയൊരു കുടുംബത്തെ ദൈവസ്നേഹത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് ഒരു ജോസഫിന് കഷ്ടത ദൈവം കൊടുത്തു ജോസഫിൻ്റെ കഷ്ടതൈവം ജോസഫിനെപ്പറ്റി നമുക്കറിയാം കേട്ട കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് കാര്യമില്ല ആ ജയിലിൽ അവിടെ ജോസഫ് അവിടെയും ഒരു സ്വപ്നം വ്യാഖ്യാനിച്ച് ആ പാനപാത്രവാഹകന് നോക്കുക ഒരു വലിയ വലിയ ഒരു പ്രത്യാശ കൊടുത്തു എന്നിട്ട് ജോസഫ് അവിടെ പറയുന്നുണ്ട് ഒരു ചാപ്റ്ററിന് മുമ്പ് അവിടെ നാൽപ്പതാം അധ്യായത്തിൽ പതിനാലാം വാക്യത്തിൽ ജോസഫ് പാനപാത്രവാഹകനോട് പറയുന്നു എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ വീട്ടിൽ നിന്ന് പിടിപ്പിക്കണമേ നമുക്ക് അവിടെ അതിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പാനപാത്രവാഹന്മാരുടെ പ്രമാണി ഓർക്കാതെ അത് മറന്നുകളഞ്ഞു അത്രമാത്രം വലിയ സഹായം ചെയ്ത ആ തൻ്റെ കൂടെ കാലാഗ്രഹത്തിൽ ചില നാടുകൾ ഒരുപക്ഷെ ചില വശങ്ങളുണ്ടായിരുന്ന ഈ പ്രിയപ്പെട്ടവരെ മറന്നു കളഞ്ഞു നമുക്ക് നന്ദിയില്ലാത്ത ഒരു മനോഭാവം അവിടെയും ജോസഫ് ദീർഘക്ഷമയുടെ കാത്തിരുന്ന് ഒരു പരാതിയില്ലാതെ കാരണം പിന്നീട് അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ പാനപാത്ര വാഹകനെ പ്രത്യേകിച്ച് അവിടെ ഒരു കോപമടക്കുവാനായിട്ട് എന്തെങ്കിലും ചെയ്തു എന്നൊന്നും വായിക്കുന്നില്ല മറിച്ച് ജോസഫ് വളരെ സൗമ്യമായ മനുഷ്യനായിരുന്നു നോക്കുക അതിലെല്ലാം ആത്യന്തികമായി റോമൺ എട്ടിൻ്റെ ഇരുപത്തെട്ട് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ആത്മാവിൽ ഉറപ്പുള്ളൊരു വ്യക്തിയായിട്ട് ജോസഫ് നമുക്കിന്ന് ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുക പ്രിയപ്പെട്ടവർ എവിടെ ആ ജോസഫിനെ ദൈവം നിർത്തി എന്തിനാണ് നോക്കുക ജോസഫ് ഈ കാനുദേശത്ത് ക്ഷാമം ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു കാരണം ചിരറി ചെറുതിപ്പോയ ആശ്രേയജനതയെ ചേർത്ത് വരുത്തുവാൻ ദൈവത്തിൻ്റെ ആത്യധികമായ ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനായിട്ട് ഈ തകർന്നു കുടുംബത്തെ ഒന്നിച്ചു കൂട്ടുവാനായിട്ട് ദൈവം ഒരു കാര്യമായിരുന്നു അവിടെ ഇതാണ് ആ ബെന്യാമിനില്ലാതെ വന്നപ്പോഴും നോക്കുക ആ ബാക്കിയുള്ള പതിനൊന്ന് സഹോദരന്മാർ അഭിമുഖീകരിക്കുമ്പോൾ ജോസഫ് ഉള്ള കണിശമായിട്ട് അവരോട് പെരുമാറുന്ന എന്തിനാണ് തനിക്ക് ഇതിൻ്റെ പിതാവിനെയും ബെന്യാമിനെയും കൂടെ ചേർത്ത് ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തയും ആ കുടുംബം മുഴുവൻ ഒന്നിച്ചനുഭവിച്ച് മുമ്പോട്ട് പോകാൻ നോക്കുക അവിടെ അപ്പോൾ ചിതിറിപ്പോയ ഒരു കുടുംബത്തെ ഒന്നിച്ച് കൂട്ടേണ്ടതിനായിട്ടൊരു ലക്ഷ്യം ലക്ഷ്യമുണ്ടായിരുന്നു കാനാൻ ദേശത്തിൽ കഷ്ടം വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലും ചിലപ്പോൾ ചില കഷ്ടങ്ങൾ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അടുത്ത കാലത്ത് വളരെ വളരെ കഠിനമായ ഒരു ശോധന ജീവിതത്തിലുണ്ടായി എൻ്റെ ആത്മീയ ജീവിതത്തെ വളരെയധികം ഒത്തിരി കിഴട്ട് പോകാനിടയായ അല്ലെങ്കിൽ പെട്ടെന്ന് നിരാശപ്പെട്ടു പോകുകയും ഒരു പ്രത്യാശയില്ലാത്തവനെ പോലെ ചില വേള അങ്ങനെ ആയിരിക്കുകയും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹന്മാരോട് പങ്കുവെക്കുകയും അവർ എന്നെ ഒത്തിരി എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്താണ് ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചത് ഒരു ക്ഷാമം എൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ അത് ഞാൻ ഓർക്കാ ഞാൻ തന്നെ എന്നെ ചെയ്തപ്പോൾ ബിസിനസ്സിൻ്റെ തിരക്കുകളും ഒക്കെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആത്മീയ ജീവിതം പൊത്തുപിരുത്തമായിട്ടങ്ങനെ വലിയ പാപത്തിലൊന്നും വിഴാതെ അങ്ങ് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോടെ എത്രമാത്രം എത്രയോടെ എത്രമാത്രം വിശ്വസിച്ചനായിരുന്നു എന്ന് കാലഘട്ടമായിരുന്നു അത് ന്യായങ്ങൾ പറയാനുണ്ട് പക്ഷേ ആ സകലത്തെ നന്മയ്ക്കായിട്ട് കരുതുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ച് കൊടുത്ത് അവൻ്റെ മുമ്പിൽ താന്നിരിക്കാൻ പലപ്പോഴും കഴിയാതെ വന്നത് അല്ലെങ്കിൽ കുടുംബത്തിൽ തിരിച്ചു പോകുമ്പോൾ ദൈവം തന്ന ജീവിത പങ്കാളിയോട് ഒന്നിച്ച് കരം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നാളുകളുണ്ടായിരുന്നു ഇപ്പോൾ അത് വളരെ വളരെ കുറഞ്ഞു പോയി കാരണം തിരക്കാണ് വീട്ടിൽ വന്നു കയറുമ്പോഴേ ക്ഷീണമാണ് അല്ലെങ്കിൽ രാവിലെ ഓടപ്പെടണം തിരക്കുകൾക്കകത്ത് തിരക്കിൽ നിന്ന് ഓടുമ്പോൾ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ കുടുംബത്തിനുള്ളിലും പുറത്തും വലിയ ന്യൂനത എൻ്റെ ജീവിതത്തിൽ വന്നുപോയി അവിടെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം മനോഹരമായിട്ട് ആ കാര്യങ്ങൾ എനിക്ക് ഞാൻ ഇന്നും ഏറ്റുപറയുന്നു ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ചേർത്ത് വരുത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹിബ്രാഹിൽ ലഹനസിലെ രണ്ടാമധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ ദൈവം അനേകം സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തൻ്റെ രക്ഷാനായകനെ കഷ്ടതയിലൂടെ തികച്ച് പുണനിലേക്ക് കൊണ്ടുവരിക ആവശ്യമായിരുന്നു ഈ കഷ്ടത കഷ്ടത അല്ലേ നമ്മൾ റോബാൻ ലേഖനത്തിൽ വന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ കഷ്ടതയിൽ പ്രശംസിക്കുന്നുവെന്ന് പൗരസഭ സ്വലൻ പറഞ്ഞത് ഈ മർമ്മം അറിഞ്ഞിട്ടാണ് നോക്കി എൻ്റെ കുടുംബത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ അല്ലെ എൻ്റെ ആത്മീയ ജീവിതത്തെ ദൈവത്തിന് പുനസ്ഥാപിക്കുവാനായിട്ട് ഒരു ശോധനയിലൂടെയാണ് കത്താവ് നടത്തിയത് അത് മുങ്ങിപ്പോകുന്നതിന് തരുന്നൊരു പിടിവെള്ളി അല്ല അല്ലെ സർക്കാർ പ്രഖ്യാപിക്കുന്ന ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ല മറിച്ചത് ഒരു വാഗ്ദത്തമാണ് അനേകം സഹോദരന്മാരെ നീ എൻ്റെ സഹോദരനാണ് നീ എൻ്റെ അനിയനാണ് ഞാൻ നിന്നെ ദൈവത്തിനായി തിരഞ്ഞെടുത്ത് വില കൊടുത്ത് വാങ്ങിയതാണ് നിന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ ഈ കഷ്ടത്തിലേക്ക് നിന്നെ കരം ഞാൻ അറിയുന്നില്ല പലപ്പോഴും കർത്താവിൻ്റെ കരം എൻ്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് നന്ദി പറയുന്നു ദൈവം കേൾപ്പിച്ച എല്ലാ ആലോചനകൾക്കായിട്ടും ദൈവത്തെ സ്വദിക്കുന്നു അമേ